ാം നിനക്ക് നൽകിയ വെളിപാടുകളിൽ നിന്നു നിന്നെ വഴിതെറ്റിക്കാൻ അവർ ഏതാണ്ട് ശ്രമിച്ചു അങ്ങനെ ഞങ്ങളുടെ പേരിൽ മറ്റൊന്നു നീ കെട്ടിച്ചമർത്താൻ അവർ ആഗ്രഹിച്ചു അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അവർ നിന്നെ അവരുടെ അടുത്ത സുഹൃത്തായി